നിന്റെ വടി താഴെയിടുക അത് ഒരു പാമ്പിനെ പോലെ ഇഴയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം തിരിഞ്ഞോടി പിന്നിലേക്ക് നോക്കിയില്ല ഓ മൂസ നീ മുന്നോട്ടുവരൂ ഭയപ്പെടേണ്ട തീർച്ചയായും നീ സുരക്ഷിതരിൽപ്പെട്ടവനാണ്